ഖുർആാൻ ശ്രമിക്കുന്നതിനായി ജിന്നുകളിൽ നിന്നുള്ള ഒരു സംഘത്തെ നാം നിങ്ങളുടെ അടുത്തേക്ക് നിയോഗിച്ച സന്ദർഭം ഓർക്കുക അവർ ഹാജരായപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക എന്നു പറഞ്ഞു അതവസാനിച്ചപ്പോൾ അവർ തങ്ങളുടെ ജനതയിലേക്ക് മുന്നറിയിപ്പുകാരായി മടങ്ങി